യൂണിറ്റ് സെവൻ ലെസൺ ട്വന്റി ഫൈവ് ലിസൺ ഒന്നുമില്ല തിന്നാൻ അമ്മ എനിക്ക് ഭയങ്കര വിശപ്പ് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നിനക്കെപ്പോഴും എന്തേലും തിന്നാൻ വേണമല്ലോ മണി ഇപ്പൊ പന്ത്രണ്ടായി ഊണ് കഴിക്കേ എനിക്ക് ചോറു വേണ്ടമ്മേ തിന്നാൻ വേറെ പിന്നെ എന്തുവേണുച്ചാവിലത്തെ പലഹാരമില്ലേ ഉണ്ട് അത് മതി പുട്ടും പഴവും ധാരാളം മതി പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും കുടിക്കാനും തരണം അതിന് പ്രയാസമൊന്നുമില്ലല്ലോ പൈപ്പിൽ ഇഷ്ടംപോലെ ഇല്ലേ വെള്ളം അമ്മയ്ക്കും തമാശ പറയാൻ നേരമുണ്ടോ എന്താ അമ്മേ പലഹാരത്തിന്റെ കൂടെ പിന്നെ ഒന്നും കുടിക്കണ്ടേ വേണം വേണം നിനക്കെന്ത് വേണം ചായയോ പാലോ ഈ വെയിലത്ത് അതൊക്കെ ആർക്ക് വേണം നാരങ്ങ മറ്റോ ഉണ്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ നാരങ്ങ പിന്നെ ഞാൻ എന്തു കുടിക്കട്ടെ അമ്മ മോരുണ്ട് പോരെ മതിമതി എനിക്ക് മോരാണ് കൂടുതലിഷ്ടം ശരി എല്ലാത്തിനും നിനക്കൊരു അഭിപ്രായം പറയാനുണ്ടല്ലോ ഇനി നീ ഊണമുറിയിലോട്ട് പോ അവിടെ മേശപ്പുറത്ത് തന്നെയുണ്ട് മോരുഭരണി ഭരണി മാത്രമോ അതോ അമ്മ ഒന്ന് നോക്കൂ വേണു നീ വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട നോക്ക് എന്തുമാത്രം തുണിയുണ്ട് നനയ്ക്കാൻ നിങ്ങൾക്കൊക്കെ വയ്ക്കാനും വിളമ്പാനും അലത്താനും ഒക്കെ ഞാൻ തന്നെ വേണമല്ലോ അമ്മേ എനിക്കും ധാരാളം ജോലി ചെയ്യാനുണ്ട് വായിക്കണം എഴുതണം പഠിക്കണം പരീക്ഷ പിന്നെ പന്ത് കളിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ശരി ശരി നിന്റെ പ്രസംഗം ഒന്ന് നിർത്ത് വാ മോരുകുടിക്ക് ലിസൺ ആൻഡ് റിപ്പീറ്റ് അമ്മ എനിക്ക് ഭയങ്കര വിശപ്പ് അമ്മ എനിക്ക് ഭയങ്കര വിശപ്പ് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നിനക്കെപ്പോഴും എന്തെങ്കിലും തിന്നാൻ വേണമല്ലോ നിനക്കെപ്പോഴും എന്തെങ്കിലും തിന്നാൻ വേണമല്ലോ മണി ഇപ്പോ പന്ത്രണ്ടായി മണി ഇപ്പൊ പന്ത്രണ്ടായി ഊണ് വഴിക്ക് ഊണ് വഴിക്ക് എനിക്ക് ചോറ് വേണ്ടമ്മ എനിക്ക് ചോറ് വേണ്ടമ്മ വേറെ ഒന്നുമില്ലേ തിന്നാൻ വേറെ ഒന്നുമില്ലേ തിന്നാൻ വേറെ പിന്നെ എന്തുവേണുച്ച വേറെ പിന്നെ എന്തുവേണുക്ക് രാവിലത്തെ പലഹാരമില്ലേ രാവിലത്തെ പലഹാരമില്ലേ ഉണ്ട് അത് മതിയോ ഉണ്ട് അത് മതിയോ മതി പുട്ടും പഴവും ധാരാളം മതി മതി പുട്ടും പഴവും ധാരാളം മതി പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും കുടിക്കാനും തരണം പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും കുടിക്കാനും തരണം അതിന് പ്രയാസമൊന്നുമില്ലല്ലോ അതിന് പ്രയാസമൊന്നുമില്ലല്ലോ ിൽ ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടംപോലെ അമ്മയ്ക്കും തമാശ പറയാൻ നേരമുണ്ടോ അമ്മയ്ക്കും തമാശ പറയാൻ നേരമുണ്ടാ എന്താമ്മേ പലഹാരത്തിന്റെ കൂടെ പിന്നെ ഒന്നും കുടിക്കണ്ടേ എന്താമ്മേ പലഹാരത്തിന്റെ കൂടെ പിന്നെ ഒന്നും കുടിക്കണ്ടേ വേണം വേണം നിനക്കെന്ത് വേണം വേണം വേണം നിനക്കെന്ത് വേണം ചായയോ പാലോ ചായയോ പാലോ ഈ വെയിലത്ത് അതൊക്കെ ആർക്ക് വേണം ീ വെയിലെ ആർക്ക് വേണം നാരങ്ങ നീരോ മറ്റോ ഉണ്ടോ നാരങ്ങ മറ്റോ ഉണ്ടോ നാരങ്ങാവെള്ളാൻ നാരങ്ങ ഇല്ലല്ലോ മോനെ നാരങ്ങ ഉണ്ടാക്കാൻ നാരങ്ങ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്ത് കുടിക്കട്ടെ അമ്മ പിന്നെ ഞാൻ എന്ത് കുടിക്കട്ടെ അമ്മ മോരുണ്ട് പോരെ മോരുണ്ട് പോരെ മതിമതി എനിക്ക് മോരാണ് കൂടുതൽ ഇഷ്ടം മതിമതി എനിക്ക് മോരാണ് കൂടുതൽ ഇഷ്ടം ശരി എല്ലാത്തിനും നിനക്ക് അഭിപ്രായം പറയാനുണ്ടല്ലോ ശരി എല്ലാത്തിനും നിനക്കൊരു അഭിപ്രായം പറയാനുണ്ടല്ലോ ഇനി നീ ഊണമുറിയിലോട്ട് പോണുമുറിയിലോട്ട് പോ അവിടെ മേശപ്പുറത്ത് തന്നെയുണ്ട് മോര്ഭരണി അവിടെ മേശപ്പുറത്ത് തന്നെയുണ്ട് മോര്ഭരണി ഭരണി മാത്രമോ അതോ മോരുമുണ്ടോ ഭരണി മാത്രമോ അതോ മോരുമുണ്ടോ അമ്മ ഒന്ന് നോക്കൂ അമ്മ ഒന്ന് നോക്കൂ വേണു നീ വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട വേണു നീ വെറുതെ എന്നെ നിൽക്കണ്ട നോക്ക് എന്തുമാത്രം തുണിയുണ്ട് നനയ്ക്കാൻ ോക്ക് എന്തുമാത്രം തുണിയുണ്ട് നനയ്ക്കാൻ നിങ്ങൾക്കൊക്കെ വയ്ക്കാനും വിളമ്പാനും അലക്കാനും ഒക്കെ ഞാൻ തന്നെ വേണമല്ലോ നിങ്ങൾക്കൊക്കെ വയ്ക്കാനും വിളമ്പാനും അലക്കാനും ഒക്കെ ഞാൻ തന്നെ വേണമല്ലോ അമ്മേ എനിക്ക് ധാരാളം ജോലി ചെയ്യാനുണ്ട് അമ്മേ എനിക്ക് ധാരാളം ജോലി ചെയ്യാനുണ്ട് വായിക്കണം എഴുതണം പഠിക്കണം പരീക്ഷ ജയിക്കണം വായിക്കണം എഴുതണം പഠിക്കണം പരീക്ഷ ജയിക്കണം പിന്നെ പന്ത് കളിക്കണം പിന്നെ പന്ത് കളിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ശരി ശരി നിന്റെ പ്രസംഗം ഒന്ന് നിർത്ത് ശരി ശരി നിന്റെ പ്രസംഗം ഒന്ന് നിർത്ത് വാ ുടിക്കോരുകുടിക്കിൽ ഡ്രിൽ ഈ പാഠം പഠിക്കാൻ എനിക്ക് പത്ത് മിനിറ്റ് മതി ഈ പാഠം പഠിക്കാൻ എനിക്ക് പത്ത് മിനിറ്റ് മതി ഈ നട്ടുച്ചക്ക് നിനക്ക് കുടിക്കാൻ എന്ത് വേണം ഈ നട്ടുച്ചയ്ക്ക് നിനക്ക് കുടിക്കാൻ എന്തു വേണം നിന്റെ കൂടെ വരാൻ ഇപ്പോൾ ഇവിടെ ആരുണ്ട് നിന്റെ കൂടെ വരാൻ ഇപ്പോൾ ഇവിടെ ആരുണ്ട് ഒരു കഥ എഴുതാൻ അദ്ദേഹത്തിന് ഒരു മാസം വേണം അത്ര ഒരു കഥ എഴുതാൻ അദ്ദേഹത്തിന് ഒരു മാസം വേണമത്രേ എനിക്കും സിനിമ കാണാൻ പോകണം എനിക്കും സിനിമ കാണാൻ പോകണം build up drill model undo undo samayam samayam undo parayan parayan samayam undo tamaasha tamaasha parayan samayam undo ammaykkum ammaykkum tamaasha parayan samayam undo now follow the model taru മൂന്ന് രൂപ തരൂ സിനിമ സിനിമ കാണാൻ മൂന്ന് രൂപ തരൂ എനിക്ക് എനിക്ക് സിനിമ കാണാൻ മൂന്ന് രൂപ തരൂ ചേച്ചി ചേച്ചി എനിക്ക് സിനിമ കാണാൻ മൂന്ന് രൂപ തരൂ ഇല്ലല്ലോ ഇല്ലല്ലോ ആരും ആരുമില്ലല്ലോ വേറെ ആരുമില്ലല്ലോ വിളമ്പാനും വിളമ്പാനും വേറെ ആരുമില്ലല്ലോ വയ്ക്കാനും വയ്ക്കാനും വിളമ്പാനും വേറെ ആരുമില്ലല്ലോ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ വയ്ക്കാനും വിളമ്പാനും വേറെ ആരുമില്ല സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ പാഠം എഴുതാൻ ഇനിയും സമയമുണ്ട് വായിക്കാൻ പാഠം വായിക്കാൻ ഇനിയും സമയമുണ്ട് പഠിക്കാൻ പാഠം പഠിക്കാൻ ഇനിയും സമയമുണ്ട് തുണി നനയ്ക്കാൻ ഇവിടെ ആരുമില്ലേ അലക്കാൻ തുണി അലക്കാൻ ഇവിടെ ആരുമില്ലേ തുണി തേക്കാൻ ഇവിടെ ആരുമില്ലേ തുണി വാങ്ങിക്കാൻ ഇവിടെ ആരുമില്ലേ അമ്മേ കുടിക്കാൻ എന്തെങ്കിലും തരൂ തിന്നാൻ അമ്മേ തിന്നാൻ എന്തെങ്കിലും തരൂ കഴിക്കാൻ അമ്മേ കഴിക്കാൻ എന്തെങ്കിലും തരൂ എഴുതാൻ അമ്മേ എഴുതാൻ എന്തെങ്കിലും തരൂ വായിക്കാൻ അമ്മേ വായിക്കാൻ എന്തെങ്കിലും തരൂ വീട്ടിൽ പോകാൻ മൂന്ന് ദിവസം വേണം വരാൻ വീട്ടിൽ വരാൻ മൂന്ന് ദിവസം വേണം എത്താൻ വീട്ടിലെത്താൻ മൂന്ന് ദിവസം വേണം എക്സ്പാൻഷൻ ട്രിൽ മോഡൽ എനിക്ക് വേണം പുസ്തകം എനിക്ക് പുസ്തകം വേണം പുതിയ എനിക്ക് പുതിയ പുസ്തകം വേണം എഴുതാൻ എനിക്ക് എഴുതാൻ പുതിയ പുസ്തകം വേണം നൗ പോളത് മോഡൽ അദ്ദേഹത്തിന് ഇല്ല പണം അദ്ദേഹത്തിന് പണമില്ല കൊടുക്കാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പണമില്ല വാടക അദ്ദേഹത്തിന് വാടക കൊടുക്കാൻ പണമില്ല അവർക്ക് വരണോ ഇവിടെ അവർക്ക് ഇവിടെ വരണോ പറയാൻ അവർക്ക് പറയാൻ ഇവിടെ വരണോ ആ കാര്യം അവർക്ക് ആ കാര്യം പറയാൻ ഇവിടെ വരണോ ട്രാൻസ്ഫോർമേഷൻ ഡ്രിൽ മോഡൽ രാവിലെ കുടിക്കാൻ എനിക്ക് ചായ വേണം രാവിലെ കുടിക്കാൻ എനിക്ക് ചായ വേണ്ട നൗ ഫോളോ മോഡൽ ഊണ് കഴിക്കാൻ ഇനി സമയമുണ്ട് ഊണ് കഴിക്കാൻ ഇനിയും സമയമില്ല അഭിപ്രായം പറയാൻ ഇവിടെ വരണോ സിനിമ കാണാൻ അവനും വരണം സിനിമ കാണാൻ അവനും വരണ്ട എന്റെ കൂടെ കളിക്കാൻ നീയും വാ എന്റെ കൂടെ കളിക്കാൻ നീയും വരണ്ട